മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പസന്മാരുടെ പേരാവിതെ ഒന്നാമൻ പത്രോസ് എന്നുപേരുള്ള ശിമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സെബദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബെർത്തലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായിയുടെ മകൻ യാക്കോബ് തദായി ഷിമോൻ യേശുവിനെ കാണിച്ചുകൊടുത്ത ഇസ്തൊരിയാത്ത യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശബരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കത്തന്നെ ചെല്ലുവീൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ രോഗികളെ സൌഖ്യമാക്കുകീൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കു ഭൂതങ്ങളെ പുറത്താക്കീൻ സൌജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൌജന്യമായി കൊടുപ്പീൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടു ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്നു സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ ന്യായവിധി ദിവസത്തിൽ ആ പഠനത്തെക്കാൾ സ്വതോമ്യരുടെയും ഗോമവര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നായ്ക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കണക്കുമില്ലാത്തവരുമായി മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളീൻ അവർ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എന്ത നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരന്റെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പൻമാർക്കും എതിരായി മക്കൾ എഴുന്നേറ്റും അവരെ കൊല്ലിക്കും എന്ന നാമൻ എല്ലാവരും നിങ്ങളെ പായിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതിനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോ വിവീൻ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രേൽ പടങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻമീതെയല്ല ദാസൻ യജമാനന് മീതെയുമല്ല ഗുരുവിനെ ശിഷ്യനും മതി യജമാനെ ദാസനും മതി അവർ വീട്ടുടേനെ ബേൽസബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ അതുകൊണ്ടു അവരെ ഭയപ്പെടേണ്ട മറച്ചുവച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയുമില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത് പറവീൻ ചെവിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ ഘോഷിപ്പീൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ കാശിന് രണ്ടു കുരികൾ വിൽക്കുന്നില്ലയോ അവൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെ അൽഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമി സമാധാനം വരുത്തുവാൻ എന്നും നിരൂപിക്കരുത് സമാധാനമല്ല വാളത്ര വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തന്റെ അപ്പനോടും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 എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്നുവച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീരുമാനിൽ നിന്ന് വെച്ച് നീരുമാനെ പ്രതിഫലം ലഭിക്കും ശിശൻ ഈ ചെറിയവരിൽ ഒരുത്തനു ഒരു പാനപാത്രം തണ്ണീർമാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു